നമ്മൾ വായിച്ച നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തില് അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയൊരു പ്രയോഗമുണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ കൊടുങ്കാറ്റും കോളുകളും ഒക്കെ അടിക്കുന്നതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മുടെ ഉള്ളിൽ സമാധാനം പകരുന്ന ഒരു ദൈവമായിട്ടാണ് നാം കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് ആ രീതിയിൽ ദൈവം നൽകുന്ന സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ കഴിയാത്തതിന്റെ കാരണം ഇവിടെ പറയുന്നത് മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സീസ് സീ സ്ട്രൈവിംഗ് ബ്രദർ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് നമ്മളെ ബലഹീനരാക ആകുമ്പോഴാണ് ദൈവത്തിനെ നമ്മെ സഹായിക്കാനായിട്ട് പറ്റുക അനാഥരുടെയും വിധവുമാരെയും പരദേശികളെയും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡോടു കൂടി ഈയൊരു മനോഭാവത്തോടുകൂടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം ദൈവം നൽകുന്ന സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും നമുക്ക് ഈ രീതിയിൽ പുതിയ നിയമവിശ്വാസി എന്ന നിലയിൽ ദൈവം നൽകുന്ന സമാധാനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിക്കണമെങ്കിൽ നമുക്ക് കാര്യങ്ങളെ കുറിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാവണം എന്താണ് ഇപ്പൊ മിണ്ടാതിരിക്കുക നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ബലത്തിൽ ഊന്നി ഇതിനെതിരെ നമ്മളിങ്ങനെ ഒരു പോരാട്ട പോരാട്ട ഒരു പോരാടിക്കൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങളും ആലോചനകളും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വഴികളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ പറയുന്നത് മിണ്ടാതിരിക്കുക മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക ഞാൻ ദൈവമെന്ന് അറിയുക നമ്മൾ ഇതുപോലെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള അന്ത്യകാലത്ത് പിശാചിൻ്റെ പലതരത്തിലുള്ള വഞ്ചനകളുടെയും പ്രയാസത്തിൻ്റെയും പീഡനങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തെ അറിയുന്നതിനെക്കുറിച്ച് ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയൽ പതിനൊന്നാം അധ്യായത്തിലാണല്ലോ അവിടെ പറയുന്നു ദാനിയൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം നിയമത്തിന് വിരോധമായ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും അപ്പോൾ നമുക്ക് ദൈവത്തെ വ്യക്തിപരമായി ദൈവം രീതിയിൽ അറിയണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവം നൽകുന്ന സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ നമുക്കങ്ങനെ അറിയണമെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും നമ്മുടെ സ്വന്തം ആലോചനയിലും ഉള്ള നമ്മുടെ സ്ട്രൈവിങ്ങിൽ നമ്മുടെ പോരാട്ടം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുകയില്ല ഞാനിത് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള കാരണം നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ മിക്കവാറും ആരാണ് ദൈവമനുഷ്യൻ ഒരു ദൈവമനുഷ്യൻ ആരാണ് ഒരു ദൈവമനുഷ്യനാണ് എന്ന് പറയുമ്പോൾ തൻ കർമ്മയിൽ പ്രവർത്തത്തിൽ നിൽക്കുന്നു തൻ്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവിടെ അല്ലെങ്കിൽ പല പഴയ നിയമ പ്രവാചകന്മാർ തങ്ങളുടെ നേരെ വരുന്ന ശക്തമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവർ നിന്നുകൊണ്ട് അവര് വളരെ ഉറച്ച ശബ്ദത്തോടു കൂടെ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുക അല്ലെങ്കിൽ അവിടെയൊരു അന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്നല്ല അവരെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നു കാര്യങ്ങൾ മാറുന്നു അവിടെ വളരെ രീതിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അവർ ദൈവം അവരോട് കൂടെയുണ്ടെന്ന് തെളിയിക്കപ്പെടുന്നു എന്നാൽ നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായി ആരാണ് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവമനുഷ്യൻ ആരാണ് ഒരു ദൈവമനുഷ്യൻ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യങ്ങൾ ജീവിതത്തിലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ കൂടെ വരുന്നു സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞ് ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ സമാധാനത്തോടെ നിൽക്കുന്നു ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ സ്വന്തം ബലത്തിൽ ഊന്നി അതുകൊണ്ട് പോരാടിക്കൊണ്ട് നിൽക്കാതെ ദൈവം നൽകുന്ന സമാധാനം ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള സുരക്ഷിതത്വത്തിൻ്റെ സുരക്ഷിതത്വത്തോടു കൂടെ സമാധാനത്തോടുകൂടെ ആ സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നാൽ അതിന് നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്തീയ ലോകത്തും നമ്മുടെ ചുറ്റുപാടിനും ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ഈ ഒരു പഴയ നിയമ സ്പിരിറ്റിൽ പഴയ നിയമത്തിൻ്റെ ആത്മാവിൽ ഉള്ള ഒരു ആത്മീയത ഒരുതരം ക്രിസ്തീയത അതിനെ ഉയർത്തി കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത് പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു പ്രശ്നം വന്നു ഈ പ്രശ്നം വന്നു അത് ഈ പ്രശ്നം നമ്മൾ ഉടനെ നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കും ഈ പ്രശ്നങ്ങൾ ഈ തരത്തിലുള്ള തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നാം നേരിടുന്ന ഓരോ വെല്ലുവിളികളും മധ്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കണം എന്നാൽ ദൈവത്തിൻ്റെ കൈയെ പിടിച്ച് തിരിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബലത്തോടുകൂടെ നമ്മുടെ ശക്തിയോടുകൂടെ നമ്മളൊരു ബലഹീനരായി ദൈവത്തിന് മുമ്പിൽ ഒരു നുറുക്കത്തോടെ നിൽക്കുന്നതിന് പകരം നമ്മൾ ഒരു പഴയ നിയമത്തിൻ്റെ ആത്മാവിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ അറിയാനോ ദൈവം നൽകുന്ന സമാധാനം നമുക്ക് അനുഭവിക്കാനോ കഴിയുകയില്ല എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവെ ഇതാ യേശു പറഞ്ഞതുപോലെ അങ്ങയുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം യേശു പോയ പാതയിൽ യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാർ പോയ പാതയിൽ അല്ലെങ്കിൽ ആ പാതയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് കഷ്ടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ജയിലിൽ ചിലപ്പോ കിടക്കേണ്ടി വന്നേക്കാം ചിലപ്പോ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വേദനകൾ വേർപാടുകളിലൂടെ ഒക്കെ കടന്നു പോയേക്കാം എന്നാൽ അതിൻ്റെ മധ്യത്തിലും അങ്ങുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഇപ്പോ ഒറ്റ വാക്കുകൊണ്ട് കാര്യങ്ങൾ മാറി എല്ലാം പൊന്നുപോലെ ആകണമെന്നില്ല എന്നാൽ അതിൻറെ മധ്യത്തിലും അങ്ങ് എൻ്റെ കൂടെ ഉണ്ട് അങ്ങ് നൽകുന്ന സമാധാനമുണ്ട് ഞാൻ താഴ്മയോടെ അങ്ങെ ആശ്രയിക്കും ഞാൻ എൻ്റെ സ്വന്തം ബലത്തിൽ ഞാനിവിടെ സ്ട്രൈവ് ചെയ്ത് പോരാടിക്കൊണ്ട് ഞാൻ നിൽക്കുകയല്ല ഞാനിതാ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവം എനിക്ക് നൽകുന്ന ഒരു ഭാരത്തിനനുസരിച്ച് തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പിശാജിനോടും പിശാജിൻ്റെ തന്ത്രങ്ങളോടും എൻ്റെ ഉള്ളിലേക്ക് പിശാജ് കൊണ്ടുവരുന്ന നിരാശയോട് ഞാൻ എതിർത്തു നിന്ന് ഞാൻ പോരാടി ഞാൻ പ്രാർത്ഥിക്കും എന്നാൽ അതിനാ അതിനപ്പുറത്ത് വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒക്കെ തിരിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അപ്പസൂല പ്രവർത്തികൾ ഏഴാം അധ്യായത്തിൽ അവിടെ നമുക്ക് വളരെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ സ്തേഫാനോസിനെ നമ്മൾ അവിടെ കാണുന്നത് എത്ര ഒരു പ്രതികൂലമായ സാഹചര്യം പ്രതികൂലമായ സാഹചര്യത്തിന്റെ മധ്യത്തിൽ അവർ അൻപത്തിനാലാം ബാക്കി മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർ കോപ പരവശ്യരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അപ്പം അങ്ങനെ പറ പല്ലുകടിച്ചു എന്ന് പറയുമ്പോൾ അതാ പ്രത്യേകിച്ച് പെട്ടെന്ന് സ്റ്റേഫാനോസിന് പെട്ടെന്നൊരു ആ നദി നദി കണ്ടു നദിയുമായിട്ട് കണക്ഷൻ വന്നു ഈ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളാണ് ആളുകളെല്ലാം പല്ലുകടിച്ച് കോപത്തോടു കൂടെ നിൽക്കുന്നു ആളുകൾ കല്ലെറിയാനായിട്ട് തുടങ്ങുന്നു ചെറിയ ചെറിയ പർവ്വതം പോലെയുള്ള കല്ല് തൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു വീണപ്പോൾ പെട്ടെന്ന് ഇതാ അപ്പോൾ സ്തെഫാനോസ് നദിയുമായിട്ടൊരു കണക്ഷൻ വന്നു അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവൻ ഉറക്കി നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ അവർ ഉറക്കി നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞുചെന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തുടർന്ന് വായിക്കുന്നു സ്റ്റെഫാനോസ് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ കല്ല് കല്ലെറിഞ്ഞു അവനവ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു തൻ്റെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഇതാ ദൈവം ദൈവത്തോടുള്ള ഒരു ബന്ധം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സമാധാനത്തോടെ അവരോട് ക്ഷമിക്കാനായിട്ട് പറഞ്ഞ് അതിനു പകരം ഇവിടെ പഴയ നിയമത്തിൻ്റെ ഒരു ആത്മാവിലാണെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ കല്ല് നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ കല്ല് തിരിച്ച് അവരുടെ അടുക്കിലേക്ക് തന്നെ തിരിച്ച് തിരിച്ച് അവരുടെ അടുക്കിലേക്ക് ചെല്ലട്ടെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവിക്കുന്ന ഒരു സമാധാനം അതിൽ നിന്ന് വ്യത്യസ്തമായി അനുഭവിക്കുന്ന ഒരു ജീവൻ്റെ ബന്ധം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം നമുക്കും ഇന്ന് നമ്മുടെ ക്രിസ്തീയ ലോകത്ത് നാം ചുറ്റിനും കാണുന്ന ക്രിസ്തീയ ലോകത്ത് ഈ ഒരു വഴി അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ മിണ്ടാതിരിക്കുന്ന അവൻ മിണ്ടാതിരുന്ന ആട് ആടിനെ പോലെ മുമ്പോട്ട് പോയി എന്ന് നമ്മൾ ക്രൂസിൻ്റെ മാർഗത്തിലേക്ക് പോയതിനെക്കുറിച്ച് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ആ വഴിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് എനിക്കും നമുക്കും നമുക്കുണ്ടാവണം നമ്മൾ കുലോസി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ നമ്മളുടെ നമ്മൾ ഉയരത്തിലേക്ക് നോക്കി നമ്മളെ ഭൂമിയിലുള്ളതല്ല ഇപ്പം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഇവിടെ ഈ ലോകത്ത് ഇന്ന് കാണുന്ന പലതരത്തിലുള്ള പ്രസംഗങ്ങളും നമ്മളെ ചുറ്റിനും കേൾക്കുമ്പോൾ ഇവിടെ ഭൂമിയിലുള്ളത് അപ്പം കർത്താവ് അവിടെ കൊലോസിലേനും മൂന്നാം അധ്യയതനും ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കുവാൻ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പുൻ നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കാനായിട്ട് പറയും അപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ കാഴ്ചപ്പാടിന് നമ്മൾ മിണ്ടാതിരിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ കാഴ്ചപ്പാടിന് യഥാർത്ഥ ആത്മീയത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് ഇന്ന് നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ ചുറ്റിനും കേൾക്കുന്ന കൃത്യ ലോകത്തിൽ നിന്ന് കേൾക്കുന്നതിനപ്പുറത്ത് നാം പഴയ നിയമത്തിൻ്റെ ആത്മാവിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന വഴി എന്താണ് ആ വഴിയെ കാണാനും ആ വഴിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കണ്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവം ബലപ്പെടുത്തട്ടെ ആമേ